സന്തോഷമോഷ്ടം നൃത്യാം വർദ്ധാനപതിഷ്ടിക്കും കരത്വം മനുഷ്യൻ പുതിയ പരി മനുഷ്യർ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് സന്തോഷമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആനന്ദമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നെല്ലാം പറയും അതങ്ങനെ കാണുന്നവർ സംഭവിച്ചത് ശരി ഒരാളെ താല്പര്യം വേണ്ട സന്തോഷം നേടാൻ പരിശ്രമിക്കുന്ന പല രീതിയിൽ ലൗകികമായ മാർഗങ്ങളിലോ ആത്മീയമായ മാർഗങ്ങളിലോ സന്തോഷം നേടാൻ പരിശ്രമിക്കുന്ന സന്തോഷങ്ങളും നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അദ്വൈതത്തിലെ സന്തോഷമാണ് പരമലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ ശങ്കരാജ്യം നടത്തുന്ന ഒരു നിർബന്ധം ഞാനൊരു സന്തോഷത്തോടെ ോക്ഷം എന്ന് പറയുന്നത് നിവൃത്തി ആനന്ദപ്രാപ്തി എന്ന് പറയുന്ന കാലത്തോ അത് വിദ്യാഭ്യാസമാണ് മൗസ്വൻസര സ്വസൈറ്റിയ വ്യാഖ്യാനിച്ചു അനാരോഗ്യത്തിലെത്തി ഒരുക്കാലത്ത് മനഃശാസ്മാരും പ്രത്യേകിച്ച് ഫ്രോഡ് ജീവിതത്തിന്റെ ലക്ഷ്യം ആനന്ദമാണ് ആണ്ടി സിദ്ധാന്തത്തൊന്നാണ് ഒരു പക്ഷേ അതൊക്കെ ഇവരുടെ ചിന്താഗതികളൊക്കെ സ്വാധീനിച്ചിട്ട് ആയിരിക്കുക ഇന്നത്തെ ചിന്ത ചിന്തയിൽ ഈ ആനന്ദത്തിന് അങ്ങനൊരു വിദ്യ പ്രാധാന്യം കൊടുക്കുന്നു കാരണം ആനന്ദത്തെ ലക്ഷ്യമായിട്ടെടുക്കുമ്പോഴാണ് മോക്ഷം അത് പരമാനന്ദപ്രാപ്തി എന്ന് ആനന്ദ ലക്ഷ്യം മോക്ഷത്തിൽ പരമാനന്ദപ്രാപ്തി ഉണ്ടായ ശങ്കരൻ പറയുന്ന എന്താണ് ആ മുഖ്യമോക്ഷം അവിടെ ആനന്ദപ്രാപ്തിയൊന്നുമില്ല കാരണം കർണങ്ങളെല്ലാം വ്യക്തമായി കർമ്മങ്ങളില്ലാതെ ആനന്ദ ആനന്ദത്തെ അനുഭവിക്കുന്നു ആനന്ദിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്ന ഒരാളെ കണ്ടു അല്ലെ അനുഭവിക്കാം അവിടെ അല്ല ആനന്ദത്തെ അനുഭവിക്കുന്ന ി ബ്രഹ്മം ആനന്ദസ്വരമാണ് എങ്ങനെ അനുഭവിക്കാൻ പറ്റും സംസാരം അവസാനിച്ച് സൂക്ഷ്മ ശരീരങ്ങളൊന്നും കേവലം ബ്രഹ്മം മാത്രം ശേഷി ആനന്ദാനുഭവങ്ങനെ ഉണ്ടാവും അത് യുക്തിക്ക് ശങ്കരായും പറഞ്ഞാൽ അവിടെ ആനന്ദ ആ ഒരു ഭാവം ഇത്ത പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ സുഖവും ദുഃഖമൊക്കെ ഉണ്ടാക്കും ദുഃഖം വർദ്ധിച്ച് വലിയൊരു ആനന്ദമാണോ അതൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ പരലോകത്ത് പോയിട്ട് ആനന്ദമാണെന്നുണ്ടെങ്കിൽ മനുഷ്യനോട് ആനന്ദത്തെ ഇന്നത്തെ ചിന്താഗതി നല്ല ആനന്ദം ആനന്ദം നേടുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം പൊതുവെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നുള്ള കാര്യം ആനന്ദത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടിയുള്ള ജീവിതം അങ്ങനെ ഒരു ആശയത്തെ സ്നേഹിക്കുക അങ്ങനെ ഒരു വരാൻ കാരണമെന്ന ജീവിതം ആനന്ദത്തിനു വേണ്ടി എല്ലാത്തിലും പരിഗണിച്ചേ പറ്റും ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും ജീവിതത്തിൽ ദുഃഖമുള്ള സംഘർഷമുള്ള ആഗ്രഹിച്ച മാറ്റിക്കളയാൻ പറ്റും എന്തെല്ലാം പ്രൗഢിക്കുന്ന ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ ഭൗതികമായ നിയമങ്ങളെല്ലാം ഒരുപോലെ ഈ ഒരു ഘട്ടത്തിലാണ് ആനന്ദം ലക്ഷ്യമാണ് എന്നുള്ളതിൽ നിന്നും മനുഷ്യനെ മാറി ചിന്തിപ്പിക്കാൻ അവിടെ തന്നെ ജീവിതത്തിലങ്ങനെ ആനന്ദം മാത്രം സാധിച്ചില്ലെങ്കിലും മരണശേഷമാണ് സാധിക്കും എന്ന് പറയുന്ന മതവിശ്വാസങ്ങളിൽ പ്രശ്നമൊന്നുമില്ല അവിടെ ഈ ജീവിതം ഇല്ലല്ലോ സ്വർഗ്ഗത്ത് പോയി കഴിഞ്ഞിട്ട് ഞാനും ക്രിസ്തുയാനികളും മുസ്ലിങ്ങളും നമ്മുടെ പുരാണങ്ങളും അല്ലാത പറയും അവിടെ പ്രശ്നമൊന്നുമില്ല മരണശേഷമുള്ള കാര്യമില്ല അവിടെ പോയാലെന്ത മാത്രം അനുഭവിക്കാം എന്ന് സങ്കല്പിക്കുന്ന ദോഷമൊന്നുമില്ല ജീവിക്കുമ്പോഴൊന്നും അല്ലല്ലോ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു പ്രധാനമായ ചോദ്യങ്ങളാണ് വരുന്നത് ഏതൊക്കെയാണ് ചോദ്യം വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അവന് കുറച്ച് ബുദ്ധിയൊക്കെ ഉറച്ചു വരുമ്പോൾ ചോദിക്കും ചിന്തിക്കാൻ തമിഴ് ചോദിക്കും എങ്ങനെ വെച്ചാൽ എങ്ങനെ ജീവിക്കും അത് ചോദിക്കും ശിശു ഒരിക്കലും അവന് അതിന്റെ ആവശ്യമല്ല ഒന്ന് ഒരു ശിശു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായ സംരക്ഷണയിലാണ് രണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം വരുന്നില്ല അതിനുള്ള ബുദ്ധിവികാസം മനുഷ്യൻ മുതിർന്നു കഴിഞ്ഞാലും അങ്ങനെ പൂർണ്ണമായ സംരക്ഷണം കഴിഞ്ഞു മറ്റാരുടെയും സംരക്ഷണയിലാണ് കഴിയുന്നതെങ്കിൽ ഒരു ശിശുവിനെ പോലെയായി അവൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ട ആവശ്യം വരും കാരണം മനുഷ്യ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ ജീവിക്കും എങ്ങനെ പണം സമ്പാദിക്കും എങ്ങനെ തൊഴിൽ ചെയ്യും എന്ത് തൊഴിൽ ചെയ്യും എങ്ങനെ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കും എങ്ങനെ മറ്റുള്ളവരോ ഇടപെടൽ എങ്ങനെ എന്ന് പറയുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോഴാണ് എങ്ങനെ പണം സമ്പാദിക്കും എന്നുള്ള ചോദ്യം വരുന്നത് അപ്പോഴാണ് പണം ഉണ്ടാകുന്നത് എങ്ങനെ സന്തോഷമായിരിക്കാം ചിന്തിച്ചാൽ പണം ഉണ്ടാകത്ത അവിടെ പറയുന്ന സന്തോഷം കൊണ്ട് പണം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത് ആ സന്തോഷം ഉണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റായിട്ട് എൻ്റെ പ്രവൃത്തിയൊക്കെ സ്വാധീനിച്ചെന്നിരിക്കുന്നു അതിനപ്പുറം സന്തോഷം പണം ഉണ്ടാക്കും അത് ചോദ്യത്തിൽ മനുഷ്യൻ നിരന്തരം ജീവിതത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നമുണ്ടായി എങ്ങനെ ഇതിനെ തരണം ചെയ്യും ഒരസുഖം ഉണ്ടായി എങ്ങനെ ഇതിനെ പരിഹരിക്കും നിരന്തരം ചോദിക്കുന്ന ചോദ്യമോ എങ്ങനെയെന്നുള്ള ചോദ്യം എല്ലാ മനുഷ്യനും ജീവിക്കാൻ പറ്റും അപ്പൊ അവനോരോരോ ഉപായങ്ങളും അവൻ കണ്ടെത്തുന്നു അതിലൂടെ അവനോരോരോ ഫലങ്ങളിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അങ്ങനെ ചോദിക്കൂട്ടും പക്ഷെ പൂർണ്ണമായും സംരക്ഷണയിലാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും ഇത് എങ്ങനെ പണം സമ്പാദിക്കും പണത്തിന്റെ ആവശ്യമില്ല പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ട് എങ്ങനെ ഭക്ഷണം സമ്പാദിക്കും ചോദിക്കേണ്ട ആവശ്യം ഭക്ഷണം കിട്ടും ജീവിത ശിശുക്കളെപ്പോലായി അങ്ങനെ സംരക്ഷണയിൽ കഴിയുന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു അവർക്ക് ജീവിതത്തിൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടാവാത്ത ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്തവർ ചെയ്യും അത് വളരെ ക്ഷേമമാണ് അതാണ് ആത്മീയത എന്നുള്ള തിരിദ്ധാരണയുണ്ട് അതെല്ലാം അതെല്ലാം തന്നെ അമ്മയാണ് സംരക്ഷണം ഉണ്ടെങ്കിൽ കുഴപ്പം ജീവിതം തന്നെ അർത്ഥശൂന്യമായി അതാ ഒരു ശിശു ഒരിക്കലും തിരിച്ചറിയില്ല എന്താണ് എന്റെ ജീവിതം സാർത്ഥകമാണോ നിരർത്ഥകമാണോ അങ്ങനെയൊന്നും തിരിച്ചറിയില്ല ശിശു ഇപ്പോഴും നോക്കുന്നത് എന്താണോ അതിനും ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ നോക്കുന്നത് കംഫർട്ടാണോ എനിക്കാവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പാൽ കെട്ടിയില്ലെങ്കിൽ കിടന്ന നിലവിളിയും ഭക്ഷണങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഉറച്ച നിലവിളിയും അപ്പൊ അതിനാ വേണ്ടത് അതോ വന്നു കഴിഞ്ഞാൽ മതി അപ്പൊ എങ്ങനെയൊന്നും ചിന്തിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു ശിഷ്യ ജീവിതമായി വിശേഷ ജീവിതമായി മുന്നോട്ട് പോകാൻ ഇല്ലാത്ത ജീവിതമായി കമിറ്റ്മെന്റ് ഇല്ലാത്ത ജീവിതമാണ് ജീവിച്ചതിന്റെ മുമ്പ് മുന്നോട്ട് ജീവിതങ്ങൾ തുഴഞ്ഞിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേ പ്രത്യേകിച്ച് അതിലും നേട്ടമൊന്നും ഉണ്ടാവത്തില്ല ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ചോദ്യമുണ്ട് എങ്ങനെ അവിടെയും എങ്ങനെ ലഭിക്കും എങ്ങനെ പ്രാർത്ഥിക്കും എങ്ങനെ ധ്യാനിക്കും ഇതൊക്കെ ആധ്യാത്മിക ഇതിനൊക്കെ എന്താ ഉത്തരം ജീവിതത്തിലൊരു അമിതമായ സുരക്ഷിതത്വം രൂപപ്പെടുമ്പോൾ ഇതിൻ്റെയൊക്കെ ഗൗരവ നഷ്ടം ഗൗരവ നഷ്ടപ്പെടുക എന്ന് എങ്ങനെ ധ്യാനിക്കും എങ്ങനെ ജപിക്കും എങ്ങനെ പ്രാർത്ഥിക്കും ജനനം ജപം ധ്യാനം എല്ലാം നടക്കും പക്ഷേ അതെല്ലാം എങ്ങനെ നടക്കുന്നു യാന്ത്രികമായി മെക്കാനിക്കൽ അപ്പൊ എങ്ങനെയെന്നുള്ള ഈ ചോദ്യം ജീവിതത്തിൽ വളരെ അലട്ടുന്ന ഒരു ചോദ്യമായി വന്നില്ല ജീവിതത്തെ യാന്ത്രികമാക്കി ലൗകിക ജീവിതത്തിലായാലും ശരി ആത്മീയ ജീവിതത്തിലായാലും അതൊരു ഗൗരവമുള്ള ചോദ്യമായി ഞാൻ ജീവിതം എന്ന് പറയുന്ന പ്രചോദനം ജീവിത ഉത്തരവാദിത്വമുള്ളതാർത്ഥം ജീവിതം എന്ന് പറയുന്ന പ്രതിബദ്ധതയുള്ളതാകും എന്ന് പറയുന്നത് എന്താണ് ഓരോ റൊട്ടീൻ അനുസരിച്ച് ഉൾക്കൊണ്ടിരിക്കും ഒരു ദിനചര്യനുസരിച്ച് പൊട്ടളക്കാരുടെ ജീവിതം അവര് ജീവിതമൊന്നുമില്ല എന്നൊരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ അനുസരിച്ച് പോകും അവരെ സംബന്ധിച്ചിടത്തോളം അവര് ആഗ്രഹിക്കുന്ന എന്താണ് മാസം എടുത്തോ െന്റ് ഉള്ളതുകൊണ്ട മെച്ചവരുടെ ജീവിതത്തിൽ ഒരുപാട് ആൻസൈറ്റി ഉണ്ട് ഉൾക്കണ്ട നാളെ എന്തായിട്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നു അപ്പോ ജീവിതത്തിൽ എങ്ങനെയെന്നുള്ള ചോദ്യം വളരെ സജീവമായി നിന്നാലേ ജീവിതത്തിൽ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെയാണ് ഈ പണം സമ്പാദനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരാൾ നേടുന്ന അവിടെയാണ് എങ്ങനെയെന്നുള്ള ചോദ്യം ജീവിച്ചിരുന്നാലേ അത് കൊണ്ടത് വേണ്ടതാണ് സാറിന് നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ വരാത്ത ഒരു ചോദ്യമാണ് പൊതുവെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണത് എന്തിന് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണത് ജീവിതം ഇങ്ങനെ ഒരുപക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുമ്പോ എങ്ങനെയെന്നുള്ള ചോദ്യം ചിലപ്പോൾ അലട്ടിയിരിക്കും എങ്ങനെ എല്ലാവരെയും സംബന്ധിച്ചിട്ടോ കുറെ പേര് എങ്ങനെയാണ് ജീവിതം എന്ത് തോട്ട് ചെയ്തു എന്ത് പണം സമ്പാദിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അലട്ടുന്ന മനുഷ്യർ മറ്റൊരു ആത്മീയ പാതയെ തെരഞ്ഞെടുക്കും അത് ആശ്രമം ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആശ്രമത്തിലാണ് അത് മറ്റേ തരത്തിലാണ് ആത്മീയ പാത ഇവിടെ എങ്ങനെയെന്നുള്ള ചോദ്യം ഇവരോട് കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോഴാണ് ആശയങ്ങൾക്കുണ്ട് അപ്പൊ എവിടെയാലും മനുഷ്യൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇതൊക്കെ എന്തിനു എന്നുള്ള ചോദ്യം എന്തിനു എന്നുള്ള ചോദ്യമാണ് നമ്മൾ വളരെയധികം സഹായിക്കുകയുള്ളത് എന്തിന് എന്തിനു സഹായിക്കും ജീവിതത്തിന്റെ അർത്ഥത്തെ കണ്ടത് അത് എന്തിനെന്നുള്ള ചോദ്യമാണ് സഹായിക്കുന്നത് അപ്പോ എന്തിനെന്നുള്ള ഒരു ചോദ്യം ആണ് അവന് ഒരു ലക്ഷ്യത്തെ ഉണ്ടാക്കിയുള്ളത് ജീവിതത്തെ സാർത്ഥകമാകുന്ന എന്തിനും മീനിങ് ഫുൾ ഡൈഫെന്ന് പറഞ്ഞു ഒരു വളരെ പ്രസിദ്ധനായൊരു ന്യൂറോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് പ്രൊഫസർ പ്രസിദ്ധനായ ഒരാളാണ് വിക്ടർ സാങ്കിൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവിടുത്തെ പ്രസിദ്ധന ഇദ്ദേഹം ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയാണം അദ്ദേഹത്തിന്റെ പ്രത്യേക എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നതാണ് പല ക്യാമ്പുകളിലെത്തിയ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു മാതാപിതാക്കൾ സഹോദരന്മാരും ഭാര്യ എല്ലാവരും നഷ്ടപ്പെട്ടു എല്ലാവരും മരിച്ചുപോയി അവർ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ യാതന അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാധനം സാധ്യമല്ല പക്ഷെ ഞാൻ അഭിജിിച്ചു അത് അഭിജിച്ചതിന് അദ്ദേഹം തന്നെ പറയുന്ന കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില അർത്ഥങ്ങളെ നമുക്ക് കണ്ടെത്താം ജീവിതത്തിന് ഇദ്ദേഹക്കാൾ ആരോഗ്യമുള്ള ആൾക്കാർ ഇദ്ദേഹത്തെക്കാൾ അറിവുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഇദ്ദേഹക്കാൾ ചെറുപ്പക്കാർ എല്ലാവരും മരിച്ചുപോയി യാതനകളെ അറിജീവിക്കാൻ കാരണം ജീവിതം അർത്ഥശൂന്യമാണെന്നും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു നരകയാതനയിൽ നിന്നങ്ങനെ പുറത്തുവരും എന്നവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞു അപ്പൊ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണെങ്കിലും പുറത്തു വന്നിട്ടൊരു ബുക്ക് കഴിഞ്ഞു മീനിങ് ഓഫ് ലൈഫ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇന്നത് മനഃശാസ്ത്രത്തിലും സൈക്കോട്രിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സൈക്കോതെറാപ്പി ഇദ്ദേഹം തന്നെ ആവിഷ്കരിച്ചാണ് ലോകോത്തര അവിടെയൊക്കെ ഈ ആഴത്തെ പഠിക്കുന്നുണ്ട് ഒരുപാട് പഠനങ്ങളുണ്ട് നമ്മൾ വിശ്രമിച്ചാലും പഠിക്കാൻ പറ്റും എന്താണ് ജീവിതത്തിൽ അർത്ഥമായിട്ട് എന്തിനു അർത്ഥമായി കണക്കാം ഒന്നത് ജീവിതത്തിന്റെ അനുഭവം തന്നെ നമ്മൾ സ്വപ്നം കാണുന്നതുകൊണ്ടാണ് അർത്ഥം അത് അർത്ഥം എന്ന് പറയുന്നു മനുഷ്യന്റെ പ്രവൃത്തി തന്നെയാണ് മനുഷ്യന്റെ പ്രവൃത്തിയാണ് നമ്മൾ ജപിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിൽ തന്നെ വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇദ്ദേഹം ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അടിസ്ഥാനപരമായ ഒരു ചൂതന പൊതുവെ അവർ ആത്മീയതയ്ക്ക് അതെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അർത്ഥവത്താണോ അല്ല ഭൗതിക ജീവിതത്തിലോ ഉണ്ട് നമ്മളിപ്പോ അത് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ അവിടെയാണ് പണമെല്ലാം ഉണ്ടാവും ആത്മീയ ജീവിതത്തിൽ ഈ അർത്ഥവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണോ ആത്മീയ ജീവിതത്തിലെ അനുഷ്ഠാനങ്ങൾ എന്തായാലും ശരി ആത്മീയ ജീവിതത്തിൽ ജീവിതം മൊത്തം തന്നെ അത് ഒരു കാര്യത്തിൽ ഒന്ന് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവന്റെ തെരഞ്ഞെടുപ്പായാലും ആ പ്രവൃത്തി ചെയ്യുന്നവനെ തെരഞ്ഞെടുപ്പ് രണ്ടു തരത്തിൽ ജപിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു പജനമാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മീയതയുടെ ഭാഗമാണ് ഒന്ന് നമ്മൾ തെരഞ്ഞെടുപ്പായി നമ്മുടെ തെരഞ്ഞെടുപ്പായി ഇതൊക്കെ ഇഷ്ടമല്ല ചിരിക്കാൻ ഇഷ്ടമല്ല നമ്മുടെ അർത്ഥമാണത് അത് നമ്മളെയും തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രവൃത്തിയിൽ ഒരാളെ പൂർണ്ണമായും മുഴുകണം അവിടെ ഡിറ്റാച്ച്മെന്റ് അല്ല ിറ്റാച്ച്മെന്റ് ഇല്ല അതിനാണ്ട് നമ്മുടെ വ്യത്യാസം നമുക്ക് അറിയുകയും ഡിറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ തന്നെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അതൊരു മറ്റൊരു തലമാണ് അത് ആഘ്യാത്മികയുടെ ഭാഗത്തിൽ വൃത്തിയിൽ മുഴുകാൻ കഴിഞ്ഞ ആധ്യാത്മികമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്താലേ അത് കഴിയും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ മുഴുകാൻ പ്രാർത്ഥിക്കുന്ന ഒരാളോ ആജ്ഞാപിക്കുകയും നമ്മളെ അനുസരിക്കുകയും ചെയ്താൽ ഒരിക്കലും അത് നമ്മൾ പ്രാർത്ഥനയാകുന്നു നമ്മൾ സമൂഹം മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അത് പ്രാർത്ഥനയാകുന്നു പ്രാർത്ഥന നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കണം അല്ലെങ്കിൽ നമ്മളുടെ അപൂർണതയുണ്ട് എന്ന് കാര്യം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാണ് അർത്ഥവത്ത ഏതാധ്യാത്മിക സാധനം അത് അർത്ഥവത്താണെങ്കിൽ അത് ചെയ്യുന്നവന് അതിൽ മൂഴുകിപ്പോ മനസ്സിലാവും അമ്മ ഭജനപാഠം നിങ്ങൾ കണ്ടെത്തി അത് അർത്ഥവത്താണ് നിങ്ങൾ അതിന് മുഴുകിയിട്ടാണ് പൂർണ്ണമായും അത് വിലയിച്ചിട്ടാണ് അതാണ് അർത്ഥവത്തെന്ന് പറയുന്നതിന്റെ താല്പര്യം കാരണം അത് സ്വയോര തിരഞ്ഞെടുപ്പും അതിന്റെ തെരഞ്ഞെടുപ്പും അങ്ങനെ ഒരാൾ കഴിഞ്ഞാന്നുള്ളത് പക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അതുപോലെ ഒരു അബ്സോർഷൻ എന്ന് പറയും ഒരു വിലയം അത് തന്നെ തന്നെ മറന്നുള്ള ഒരു ആഴ്ന്നു പോകാനാണ് അതിനൊരു മീനിങ് ശരി അതില്ലെങ്കിൽ വേണ്ട നമുക്കതിന് കഴിയുന്നില്ല എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞൊന്നും വരത്തില്ല ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെ കഴിഞ്ഞിട്ട് വരും നമുക്ക് ഭജന നടത്തുമ്പോൾ അങ്ങനെ നമുക്കൊരു ലയം ഉണ്ടായിരുന്നു നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് ലയം ഉണ്ടാവും അതിന്റെ പ്രധാന വേറെ പ്രവൃത്തിയിലായിരുന്നു പക്ഷെ നമുക്കില്ല അങ്ങനെ നമുക്ക് നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാലോ അത് അർത്ഥവത്താകും എനിക്കും ഉണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ചിലരങ്ങനെ ശ്രമിക്കും അമ്മ ഈ ഭജനയൊക്കെ നടത്തി അവരിങ്ങനെ മുഴുകീരിക്കുന്ന ആളുകളും മറ്റേ പലർക്കും തോന്നുന്ന എന്താണോ ഇതുപോലെ ഒന്ന് നായ്ക്കളെ ഒന്ന് അഭിനയിക്കാന്നോ അത് കൃത്രിമവും രണ്ട് നമ്മളെ വ്യത്യാസം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അഭിനയിക്കുന്ന മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ മീനിങ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ നമ്മൾക്കൊരു ആത്മീയമായ സാധനയിൽ മുഴുവൻ കഴിയില്ല ആത്മീയ സാധനയ്ക്ക് വേണ്ടി മാത്രമാണ് ലൗകികമായ പ്രവൃത്തി അവിടെ അർത്ഥവത്താവും നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ എല്ലാവരും അങ്ങനെയല്ല ഒരാള് തന്റെ സുഖ മറന്നിട്ട് ഒരു രോഗിയെ പരിചരിക്കും തന്റെ പ്രത്യേക സുഖ സൗകര്യങ്ങളൊന്നും നോക്കി പരിചരിക്കുന്നു അങ്ങനെ പരിചരിക്കുമ്പോൾ തന്റെ സുഖ സൗകര്യം നോക്കത്തില്ല തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ തന്നെ മറന്നു അത് മീനിങ് ഫുള്ളാണ് അപ്രവൃത്തി അയാളുടെ ജീവിതം അർത്ഥവത്താവുന്നങ്ങനെ അത്തരമൊരു ഒരു പ്രവൃത്തിയിലേക്ക് ആണ്ടിറങ്ങുന്നതിലൂടെയാണ് ഒരാളുടെ ജീവിതം അർത്ഥവത്തായി ചെയ്ത് അങ്ങനെ കഴിയുമ്പോഴും ഇതിന് ഞാൻ പറയുന്ന ഉദാഹരണം എന്താ ഇതിനെക്കുറിച്ച് മനശാസാജന്മാരും മറ്റും കൊടുക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം ടീച്ചിങ് ആണ് ടീച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചെയ്യേണ്ടി വന്നത് താല്പര്യമില്ലാതെ ചെയ്യുക അതൊരിക്കലും അർത്ഥവത്താകാം നിങ്ങളെങ്ങനെ അതിലേക്ക് കടന്നു വന്നു എന്നുള്ളതല്ല ഇഷ്ടപ്പെട്ടു വന്നു ഇഷ്ടപ്പെടാതെ അതുമായി നിങ്ങൾക്കൊരു പൊരുത്തം കണ്ടെത്തുക എന്നുള്ള ഒരു പ്രവൃത്തിയിലെ എങ്ങനെ നിങ്ങൾ അതിൽ വന്നു എന്നുള്ള നിങ്ങൾക്ക് ആ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് സ്വയം മറക്കാൻ കഴിയുമെങ്കിൽ അതിൽ നിങ്ങൾക്ക് മുഴുകാൻ അവിടെ ജീവിതം എന്ന് പറയുന്ന മറ്റൊന്നും വേണ്ട എന്തിനെന്നുള്ള ചോദ്യത്തിന് സമാധാനമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അർത്ഥവത്തായി വന്നുകൊണ്ട് ചെയ്തു സ്വയം മുഴുകിവരെ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും വൈഷമ്യങ്ങളുണ്ടാവും ചിലപ്പോൾ ഉപദ്രവങ്ങളുണ്ടാവും അസ്വസ്ഥതകളുണ്ടാവും പക്ഷേ അതൊന്നും അവനെ ബാധിക്കില്ല ആ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ അവന് ബാക്കി വരുന്ന എന്താണ് അതാണ് സംതൃപ്തി എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ല എന്താണ് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ നിറവേറ്റും നിറവേറ്റിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിനും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും അതൊക്കെ വ്യത്യാസമുണ്ട് ഹാപ്പിനെസ് സന്തോഷമെന്ന് പറയും നമുക്ക് സന്തോഷം തന്നെ നമ്മുടെ കംഫർട്ടാണ് അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ഇരിക്കുന്നു ബുദ്ധിമുട്ടുകളൊന്നുമില്ല വേഷത്തിൻ്റെ ദാഹമില്ല രോഗമില്ല എന്ന കംഫർട്ട് സോണാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്നതാണ് ഹാപ്പിനെസ് മറ്റൊന്നുണ്ട് കണ്ടൻമെന്റ് എന്ന് പറയും കണ്ടന്മെന്റ് അത് നമ്മുടെ മതി എന്നുള്ള മനോഭാവമാണ് ഇത് മതി അത് ഇത് അത് വലിയ കുഴപ്പം പിടിച്ച ഒന്നാണ് ഏതിനും നമുക്കത് വരാം ഇത് മതി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അങ്ങനെ അയാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടാൻ അതിന്റെ ഒരുപാട് പ്രചോദനവും നേടിക്കഴിയുമ്പോൾ മരുന്നാണ് ഇതങ്ങനെയല്ല ഇതിലേക്ക് നമ്മൾ പൊതുവെ മലയാളത്തിലും സംസ്കൃതത്തിലും ഒന്നായിട്ട് ഇതെല്ലാം കൂടുതലും സൈക്കോളജിയുടെ വിഷയങ്ങളാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല പരാമർശിച്ചു പോകുന്നു എന്നുള്ളതോ ഇതിനെക്കുറിച്ച് അങ്ങ് വിശദമായ പഠനങ്ങൾ വിശകലനങ്ങളൊന്നും നടത്തി മനുഷ്യന്റെ ജീവിതത്തെ എവിടെയെങ്കിലും സ്പർശിക്കുന്നത് ആ തരത്തിലുള്ളൊരു പഠനം നടത്തി അങ്ങനെ ഒരു പഠനം നടത്തുന്നതുകൊണ്ടാണ് അത് മനുഷ്യരുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾക്കും പരിഹരിക്കുന്നത് ഉപകരിക്കുന്നത് കണ്ടോൺമെന്റ് എന്ന് പറയുന്ന ഒരു പരാജയം മതിയെന്ന് തോന്നിപ്പോകും ഞാൻ ഇത്രയും മതി ഈ ആത്മീയക്കാർക്കുള്ള ഒരു വലിയ തകരാറാണ് അവരെല്ലാം അവർ ഈ സംതൃപ്തരാണ് ഉള്ളത് എന്നുവെച്ചാൽ ജീവിതത്തിൽ പ്രചോദനം നഷ്ടപ്പെട്ടു പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ എന്തെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു ആശ്രമത്തിൻ്റെ അകത്ത് വരുന്ന കഴിഞ്ഞു അവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ചടഞ്ഞു കൂടി കഴിഞ്ഞാൽ ജീവിതം കൃതാർത്ഥമായി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പൊ അവിടെ നമ്മൾ മുമ്പോട്ട് പോകണം ഈ നമ്മുടെ ഈ വരണ്ട തത്വവാദങ്ങളല്ല നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് കണ്ടെയ്ൻമെന്റിലാണ് അത് മതിയെ നിർത്തോന്നുണ്ടായി എല്ലാവരും മുമ്പോട്ട് പോകാൻ കഴിയില്ല നിങ്ങളുടെ അമ്മയും കൊണ്ട് പഠിക്കുക രണ്ടു വലിയ ആശുപത്രി ഉണ്ടാക്കി ഇനിയും വേറെ ആശുപത്രികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്താണ് എന്താണ് ഇത്രയും പ്രായം ചെന്നിട്ടും ജീവിതം പ്രചോദനാത്മകം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ് കണ്ടാലും നിങ്ങൾ പഠിക്കത്തില്ല അത് പ്രശ്നമൊന്നു വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന് പറയുന്ന അനുഭവമാണ് വെറും കാഴ്ച കാണുന്നു പക്ഷേ അനുഭവമില്ല ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്തോ സോഫ്റ്റ്വെയറിന്റെ തകരാറാണ് അതേ ഹാർഡ്വെയർ എവിടെയാണ് തോരാറൊ ജീവിതം അങ്ങനെ പ്രചോദനാത്മകമായിരിക്കുന്നത് ജീവിതം അർത്ഥമാണ് അപ്പോ ആധ്യാത്മിക രായാലും ശരി ഭൗതികമായ രീതിയിലായാലും ശരി രണ്ടും നോക്കുക അമ്മയുടെ ജീവിതം കാണുന്നു ആർക്കും അസൂയതോ എന്താണ് രണ്ടിടത്തും ആ മീനിങ് അർത്ഥവത്തം മീനിങ് ഫുള്ളായ ഒരു ജീവിതം ഇവിടെയൊക്കെ കയറിപ്പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ ഗുണമുണ്ടായിരുന്നു നമ്മുടെ ഒരു ജീവിതത്തിന്റെ അർത്ഥവത്തെ മനസ്സിലാക്കാൻ അതാണ് മനസ്സിലാക്കേണ്ടത് ജീവിതം എന്നും ഒരു പ്രചോദനാത്മകമായി എന്താണ് ജീവിതമെന്നും ജീവിതത്തിലെന്നും എന്താണ് കമിൻമെന്റ് ഉണ്ടായിരുന്നു അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം അതാണ് അപ്പോ ഉദാഹരണം പറഞ്ഞേക്കാണ് ഒരു തൊഴിൽ അതിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ പറയുന്ന തൊഴിലെന്ന് പറയുന്ന ഓരോ തൊഴിലുകളെയും ഏറ്റവും ചർച്ച ചെയ്യുന്നു നിങ്ങൾ ജീവിതത്തിന് അർത്ഥവത്താക്കുന്നുണ്ടോ അപ്പോ ടീച്ചിങ്ങിൽ കിടക്കും ഒരാള് അത് ചെയ്യുന്നു അതിന്റെ കഷ്ടപ്പാടുകളിൽ തീർച്ചയായിട്ടും അയാളുടെ തൊഴിൽ ഇതാണ് വേറെ തൊഴിൽ വേറെന്നായിരിക്കും വേറെ തൊഴിൽ ബിസിനസ്സായിരിക്കും ഒരു തൊഴിലാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു തൊഴിലാണ് അതിനെന്താ പ്രശ്നങ്ങളല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് തന്നെ എൻ്റെ ഈ ശത്രുക്കളെയും മിക്രങ്ങളെയും ചിരട്ടി അതാ തൊഴില പ്രത്യേകതയാണ് അപ്പൊ അതന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര മിത്രങ്ങളെ കിട്ടി എത്ര ശത്രുക്കളെ കിട്ടി എന്നുള്ള നിങ്ങൾ അതിന് മുഴുകാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോ എന്റെ മനസ്സ് ഒഴിഞ്ഞു സംതൃപ്തി നിങ്ങൾക്കുണ്ടാവുന്നു അല്ല നിങ്ങൾ അത് കിടന്ന് കഷ്ടപ്പെടുകയാണെങ്കിലോ അതുകൊണ്ട് കാര്യമില്ല കഷ്ടം മാത്രമായി വേറെ ഒരു കണ്ടോൺമെന്റിന്റെ ഒതുങ്ങി പോകാൻ പാടില്ല എന്നൊക്കെ പോകാൻ പറ്റില്ല ഇത് മതി ഇവിടെ എ കെമിന്റെ പഠിക്കാനും പഠിപ്പിക്കാനും വിഷയങ്ങളുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നുകൂടെ ഒതുങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു പഠിക്കുന്നവന്റെ ലക്ഷ്യം എന്താണ് അറിവല്ല പഠിപ്പിക്കുന്നവന്റെ ലക്ഷ്യം എന്താണ് തന്റെ അറിവ് ഷെയർ ചെയ്യുക അപ്പൊ അതിന് പ്രത്യേകിച്ച് അതിരുകളൊന്നും ഒരാളെ ജീവിതത്തെ അത് അർത്ഥപൂർണമാക്കുന്നുണ്ടെങ്കിൽ അയാളാണ് അതിൽ അത് ഏത് പോലും എൻ്റെ അർത്ഥം എല്ലാവർക്കും ചെയ്യാൻ പറ്റും അമ്പാനി ചെയ്യുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ അത് ചെയ്താലേ തൊഴിലുണ്ടാവും അങ്ങനെ നിർബന്ധമെന്നും അപ്പൊ ഇത്തരം ഇതിനും മനുഷ്യന് പ്രയത്നം ആവശ്യമാണ് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേ പക്ഷെ അപ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ അതിനെ മുക്കിക്കളയുന്നതായിരിക്കും അപ്പൊ അതല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പോലും പറയുന്ന പാചകമായതും അമ്മയെ പോലെയുള്ള വലിയ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റും ചെറിയ പ്രവൃത്തികളൊക്കെ അതിൽ നമുക്ക് മുഴുകാൻ കഴിയുന്നുണ്ടോ അവിടെ ഒരിക്കലും ഡിറ്റാച്ച്ഡ് ആകരുത് മീനിങ്ങിൽ അങ്ങനെ ഒരു ഇടപാടേ അത് അബ്സോർവ് ചെയ്യുന്നു അതാണ് അർത്ഥവർത്താവുന്നത് ഞാനെന്താ ഇത്രയൊക്കെ വിശദീകരിക്കുന്നു ഈ അംബാനി എന്തുകൊണ്ട് ഇത്രയും പണം ഉണ്ടാവുന്നു അയാളുടെ പ്രവൃത്തി അയാളെ സംബന്ധിച്ച് അർത്ഥവത്തായിരുന്നു അവിടെ പണം ഉണ്ടാകുന്നു അല്ല നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നു എനിക്ക് സന്തോഷമുണ്ട് എന്റെ ജീവിതം അർത്ഥവത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്കൊരിക്കലും പണം ഉണ്ടാകും ഇനി കാശ് വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും മുമ്പ് പോയി തട്ടേണ്ടി വരും പ്രത്യേകിച്ച് അപ്പോ സമ്പത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ജീവിതത്തിന്റെ അർത്ഥവത്തെ എന്തെന്നുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് പറയുന്നത് ജീവിതം അർത്ഥവത്തായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അവിടെ എന്തിന് എന്ന ചോദ്യത്തിൽ തരം കേട്ടു അപ്പോ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ പേര് അറി ഓർമ്മയുണ്ടോ ഇദ്ദേഹം ആ കോൺസെൻട്രേറ്റർ ഇദ്ദേഹത്തിന്റെ ബസ്സും വളരെ മുമ്പ് തന്നെ നല്ല ഇളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് തന്നെ വായിച്ചിട്ടുള്ളതാണ് ആ കോൺസെൻട്രേഷൻ രൂപം മനുഷ്യരെല്ലാം നോക്കി സ്വയം കണ്ട ജീവിതമെന്നും അപ്പോ അവിടെ എന്താ സുഖം എന്തെങ്കിലും കഷ്ടപ്പാട് അപ്പോ അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം അതുമായിട്ട് പ്രാധാന്യപ്പെട്ടെന്ന് ജീവിച്ചു കാരണം ജീവിതത്തിൽ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള പലതും വരും പലതും വന്നു കഴിഞ്ഞു എന്താ ഞാൻ ജനിച്ചപ്പോൾ വിചാരിച്ചു അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷം വരെ ജനിച്ചപ്പോൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും അതിൽ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് കൊണ്ട് നമ്മുടെ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ ചേരുന്ന അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താണ് വേറെ ചോയ്സൊന്നും ഇത് വന്നു ചേരുന്നതാണ് ഇങ്ങനൊരു ദുരന്തം അപ്പൊ അതിനോട് താഥാല്പ്പെട്ട് ജീവിക്കുക നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേ ദുഃഖങ്ങളെയൊക്കെ അതാണ് ഈ പറയുന്ന സന്തോഷമെന്ന് പറയുന്ന എന്നുള്ള വ്യത്യാസം ക്ലേശങ്ങളിൽ അർത്ഥവത്തായിക്കൊണ്ട് ആ മനുഷ്യനത് കഴിഞ്ഞു ഒരു കുഞ്ഞിനെ അമ്മ വളർത്തുന്നു അത് വളരെ ക്ലേശകരമായൊരു വഴിയാണ് തന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കും അർത്ഥവത്തായതുകൊണ്ടാണ് ആ കുഞ്ഞ് അതിജീവിക്കുന്നത് അതാണ് ഇത് നമ്മളല്ലാതെ കിടന്നു വന്നവരാണ് പക്ഷെ എൻ്റെ വൈഷമ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല അവിടെയാണ് അർത്ഥവത്ത അങ്ങനെ അർത്ഥവത്തായ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുന്ന ആ മേഖലയ്ക്കനുസരിച്ച് അവന് ഫലമുണ്ടാവും പിന്നെ ജീവിതത്തിൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷനുണ്ട് സംതൃപ്തി ഉണ്ട് ഇത് വേറൊരു എന്താണ് സന്തോഷമല്ല സന്തോഷമെന്ന് പറയും നമ്മുടെ ഈ സുഖ സൗകര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സന്തോഷം ചൂടി സമയത്ത് എസ് സി ഒരു സന്തോഷം ഭക്ഷണം കൃത്യമായി കഴിച്ച സന്തോഷം ഇതല്ല ജീവിതം അർത്ഥവത്താവുമ്പോ ഒരു സംതൃപ്തിയാണ് ഉണ്ടാവുക അതിനാണ് മീനിങ് ഫുൾ എന്ന് പറയുന്നത് അത് അതിൻ്റെതായ ഫലത്തിൽ ഉണ്ടാകും ആധ്യാത്മിക ജീവിതത്തിലായാലും ശരി ആധ്യാത്മിക ജീവിതം മീനിങ് ഫുൾ ആയില്ലെങ്കിൽ അതിന് ആത്മീയ ജീവിതം എന്ന് പറയാൻ നമ്മൾ പര പ്രേരണയും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും നേടണമെന്നും പറയാൻ കഴിയും ഒന്നും നേടുന്നില്ല യാന്ത്രികമായി ഒരു ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇതിന് ആന്തരികമായ സ്വാതന്ത്ര്യമുണ്ടാ സ്വാതന്ത്ര്യമുണ്ട് ആന്തരികമായും സ്വാതന്ത്ര്യമുണ്ട് വലിയൊരു പങ്കുണ്ട് ആന്തരികമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് ആന്തരികമായി നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളില്ല ഭയമില്ലാതെ ഉത്കണ്ഠകളില്ലാതെ ഭയം ഏറ്റവും പ്രധാനപ്പെട്ടത് ഭയമില്ലാതിരിക്കും ഉത്കണ്ഠകരില്ലാതിരിക്കും കുറ്റബോധമില്ലാതിരിക്കും അതാണ് മനസ്സിൻ്റെ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ളവർക്ക് മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുന്നതിലൂടെ ഒരാൾക്ക് ക്രമേണ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയണം തിരിച്ചറിയണമെന്നില്ല ഭർത്തവത്തായ ഒരു ജീവിതം നയിക്കുമ്പോഴുള്ള പല പ്രശ്നങ്ങളും വന്നു ചേരും അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലോ ഖണ്ഡ ഉണ്ടാക്കും ഭയത്തെ ഉണ്ടാക്കും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷേ തൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ പ്രകൃതി നമ്മുടെ മറ്റേത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഭയരഹിതമാണെങ്കിൽ ജീവിതത്തിൽ ഭയത്തെ നേരിടുമ്പോൾ അതിൻ്റെ ഗൗരവം കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയക്കുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ ഞാൻ അവിടെ നിന്ന് പോയപ്പോ ഒരു പാമ്പിനെ ചവിട്ടി പേടിക്കും അപ്പൊ എനിക്ക് ഞാൻ ഭയക്കുന്ന സ്വഭാവം പോലെ അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം അമ്മ ചവിട്ട് ഞാൻ പേടിക്കും പക്ഷെ എനിക്കൊരു ഹോബിയാണ് പാമ്പ് ഞാൻ പാമ്പിനെ ഭയന്നാ ജീവിക്കും പോകുമ്പോൾ ഒരു പാമ്പിന് എന്റെ ഇടപാട് അതോടെ തീർന്നു അപ്പോ സ്വാതന്ത്ര്യം മോചനം എന്ന് പറയുന്ന ഹോബിയ ഇല്ലാതിരിക്കുകയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഭയത്തെ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നുള്ള അർത്ഥം എല്ലാ തന്നെയാണ് അപ്പൊ അവിടെ ജീവിത വർത്തവത്തായി കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് അതിന് സക്സസ്ഫുള്ള അതിനവിടെ വിജയിക്കുന്നു എന്ന് പറയും ത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അത് സന്തോഷത്തെ കുറിച്ച് പറയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ആ സന്തോഷം ഒന്നും ഹാപ്പിനെസ് എന്ന് തെറ്റിദ്ധരിക്കരുത് അതിന് മുമ്പ് ഞാനൊരു ഹിഡോണിക് യുഡോമോണിക്ക് അറിഞ്ഞു രണ്ടു തരത്തിൽ സന്തോഷത്തെ കുറിച്ച് വിശദീകരിച്ച് മനഃശാസ്ത്രത്തിന്റെ അത് മറന്നിട്ടില്ല ഞാൻ ഈ പറയുന്നു എന്നോട് ചോദിക്കുന്നത് മറന്നുപോയൊന്നും അത് തന്നെ അതായത് നമ്മളീ പറയുന്ന ഹാപ്പിനെസ് ഒന്നും ഓർത്തോളും ഈ കംഫർട്ടുകളിലുള്ള സന്തോഷം രണ്ടാമത്തെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ ആഗ്രഹിച്ച നേടും ഉണ്ടാവുന്നു മറ്റത് കണ്ടമെന്റ് ആത്മീയ മടിയന്മാരുടെ അവരെപ്പോഴും സന്ദർഭത്തിലാണ് ഇത് വന്നു പ്രചോദന ശൂന്യമായ ഒരു സന്തോഷം ജീവിതത്തിന്റെ പ്രചോദനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് മൂന്നിനോ അപ്പുറോ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ ബേസരയിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ നേച്ചറാണ് അല്ലേ ഭയമില്ലായ്മ എന്റെ നേച്ചറാണെന്ന് പറയുമ്പോൾ അതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഒരാളോട് ചോദിക്കുന്നു അതിങ്ങനെയുണ്ട് ജീവിതം സംതൃപ്തമാണ് സന്തോഷം എന്ന് പറയുന്നത് ചോദ്യത്തിന്റെ മറുപടി എന്തെങ്കിലും ഉപരി സത്യസന്ധമായിട്ടാണ് പറയുന്നത് ആശ്രമ ജീവിതം എങ്ങനെയുണ്ട് ആധ്യാത്മിക ജീവിതം എങ്ങനെയുണ്ട് സന്തോഷമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ബേസിക്കൽ അവിടെ സന്തോഷത്തെ കടുത്തു കളയുന്ന വരുന്നില്ല എന്നർത്ഥമില്ല അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് എനിക്ക് ഭയമില്ല എന്ന് ഞാൻ പറയുന്നു പക്ഷേ പാമ്പിലെ ചവിട്ടിയ ഭയം പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഞാൻ വിട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെയും ഞാൻ പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത് എന്നിവരെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ന് പറയാൻ തുടങ്ങി അന്ന് പോലെ ഇന്നുപോലെയുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് പക്ഷേ കേൾക്കുമ്പോൾ ചെടപ്പം ആ ബന്ധം നഷ്ടപ്പെട്ടു പോയെന്നില്ല എന്റെ പ്രശ്നം അപ്പോ പറഞ്ഞത് നമ്മുടെ തൊഴിലെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമാണെങ്കിൽ അതുകൊണ്ട് കുറച്ച് മെച്ചപ്പെട്ടതായിരുന്നു പെർസെപ്ഷൻ അവകാശപ്പെടാൻ പറ്റില്ല പക്ഷെ നമുക്ക് അത്തുകൊണ്ട് മെച്ചമായ ഇത്രയേ ഒരു പ്രവൃത്തി മോശമായിട്ട് മെച്ചമായിരിക്കും അത് പ്രത്യേകിച്ച് വേറെ ക്ലെയിമുകളൊന്നും ഇത് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓരോന്നും വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞു വരും അല്ലാതെ സന്തോഷമുണ്ട് പണം ഉണ്ടാകുമെന്ന് പറയുന്നതിനൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് ഞാനീ പറഞ്ഞത് പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയാണെങ്കിൽ ശരി പണം ഉണ്ടാകും പക്ഷെ പ്രവൃത്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അർത്ഥവത്താണെങ്കിൽ അയാൾക്ക് അത് ഉപരിയായിട്ട് പണത്തിനുപരി അയാൾ സന്തോഷം കൂടെ കാണും ഞാനീ പറഞ്ഞവരും സന്തോഷം വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുകൂടെ കാണും ഇതാണ് ഈ പറയുന്ന തിരിച്ചത്